അതൊന്നും ചൊല്ലുന്ന നല്ലതാ പ്രഹ്ലാദ വിഹിതാർത്ഥ തക്ഷണമിള ദുഷ്ടപ്രമാണം ഹരി സൗവ്യശ്ചരദിന്ദസുന്ദരതം എദ്ദക്ഷിമൂർവ്യാസങ്കരശ്ദി ജാനോത്തമാഖ്യം തദ്ദേ സത്യാനന്ദ പദോദിതം വിപ്രതിപത്തിവ്രാതദ്വന്ദ്ധ്വംസ പ്രഗൽഭവാചാ കിയതുഖമലി പ്രത്യേകീകുഷ മഹാമോഹാമസ്കൃമോ നൃസി പരിച്ഛേദം പ്രഥമ ഭാഗം അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രഥമ പരിച്ഛേദത്തിൽ തുടങ്ങുന്നത് സ്വപ്രകാശത്തെക്കുറിച്ചുള്ള നിരൂപണമാണ് സ്വപ്രകാശം എന്ന് പറഞ്ഞാൽ സ്വയംപ്രകാശം ആത്മാ സ്വയം പ്രകാശമാണ് സാധാരണ പറയാറ് അദ്വൈതികൾ എന്താണ് ഈ സ്വയംപ്രകാശം അതിനെക്കുറിച്ചുള്ള നിരൂപണമാണ് അപ്പം അതിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അവസാനം നമസ്കൃമോ നൃസിംഹായ സ്വപ്രകാശിതാത്മനെ എന്ന് പ്രയോഗിച്ചത് വിഷയ അവതരണം സ്വയംപ്രകാശമെന്ന് പറയുന്ന വിഷയത്തിലേക്ക് ഇങ്ങനെ കടക്കും വെറുതെ സ്വയംപ്രകാശം എന്നൊന്നും ചർച്ച തുടങ്ങാൻ കഴിയത്തില്ല അതുകൊണ്ട് ശ്ലോകത്തിന്റെ അവസാനം സ്വപ്രകാശിതാത്മനെ എന്നൊരു പദം ചേർത്തു അതിന്റെ ഭാഗമായിട്ട് വന്ന് സ്വപ്രകാശം അതിൽ നിന്ന് മനസ്സിലാക്കാം ചിതാത്മാ സ്വയം പ്രകാശം ആണ് ഇതൊരു സൂചനയാണ് എന്താണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വയം പ്രകാശത്തെ കുറിച്ചാണ് ആത്മാവിന്റെ സ്വയം പ്രകാശമാണ് അപ്പൊ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിനൊരു സൗകര്യമായി അങ്ങനെ പറഞ്ഞതുകൊണ്ട് സ്വയം പ്രകാശോന്നെ സ്വപ്രകാശം സ്വയം അതിനാണ് സ്വമെന്ന് പറയുന്നത് സാധാരണ പറഞ്ഞാൽ സ്വയം പ്രകാശിക്കുന്നത് എല്ലാ വസ്തുക്കളിലും സ്വമുണ്ട് സ്വമെന്ന് പറഞ്ഞാൽ എന്താ ഒരു വസ്തുവിനെ തന്നെ അതിന്റെ സ്വരൂപത്തെയാണ് പറയുന്നത് സ്വം പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറയുന്നത് സ്വയം പുസ്തകമാണ് എന്ന് പറഞ്ഞ നല്ല സ്വരൂപം തന്നെ ഇത് സ്വയം മേശയാണ് എന്ന് പറഞ്ഞ സ്വരൂപം മേശയാണ് ആ വസ്തുവിനെ സ്വമെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന എപ്പോഴും എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത് അതിന്റെ സ്വരൂപത്തെ വിശേഷമൊന്നുമില്ലാത്ത സ്വരൂപം അത് തന്നെ കാരണം മലയാളത്തിൽ അത് എന്ന് പറയും ഇത് എന്ന് പറയും അതെല്ലാം ഒരു വസ്തുവിന്റെ വിശേഷണമായിട്ട് ചേർക്കും അതെല്ലാം ഈ സ്വം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് സ്വയം ഇപ്പൊ സ്വപ്രകാശം എന്ന് പറഞ്ഞപ്പോ ഇവിടെ സിദ്ധാന്തം അദ്വൈതിയുടെ ആണ് അദ്വൈതി സ്വയം പ്രകാശം അംഗീകരിക്കുന്ന ആളാണ് ഞാനും സ്വയം പ്രകാശം മറ്റു പലരും സ്വയം പ്രകാശം എല്ലാം പറയുമെങ്കിലും ഈ അദ്വൈതിയെപ്പോലെ ഒരു സ്വയംപ്രകാശം വേറെ ആർക്കും ഇല്ല ഇവിടെ ഒരുപാട് പേരുണ്ട് തർക്കികനുണ്ട് സംഘനുണ്ട് മീമാംസകനുണ്ട് ബൗദ്ധന്മാർ പല ആൾക്കാരുണ്ട് ഇവർക്കെല്ലാം ഉണ്ട് സ്വയം പ്രകാശം പക്ഷേ അദ്വൈതിക്ക് സ്വന്തമായൊരു സ്വയം പ്രകാശമാണ് അത് വേറെ ആർക്കും ആ ഞാനത്തെ എല്ലാം വരും ഓരോരുത്തരുടെ പക്ഷം വരും അവർക്ക് എങ്ങനെയാ സ്വയംപ്രകാശത്തെ പറയുന്ന ഇവിടെ അദ്വൈതിയുടെ സ്വയംപ്രകാശം കാരണം പറഞ്ഞ അദ്വൈതിയല്ലേ ആത്മാവ് സ്വയം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു എന്തായി വെർപ്പിടികള്ളി എന്നാൽ പിന്നെ അതീ ചർച്ച തുടങ്ങാം അപ്പൊ ഗ്രന്ഥകാരന്റെ ഉദ്ദേശം എന്താണോ ഗ്രന്ഥകാരാൻ ആദ്യം തന്നെ മനസ്സിലരുതിയത് ഈ പ്രഥമ തുടക്കം സ്വയംപ്രകാശത്തിലായിരിക്കും സ്വയംപ്രകാശം എന്താണെന്ന് അദ്വൈതിയുടെ പക്ഷത്തു നിന്ന് വിശദീകരിക്കും അതിന് വേണ്ടിയിട്ടാണ് വിഷയം കൂടെ തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്താണ് സ്വമത പരമത ഖണ്ഡനപൂർവകമാണ് ഇതാണ് അദ്വൈതത്തിന്റെ ഇവിടെ ഇവിടുത്തെ ചർച്ച അതാണ് പരമത ഖണ്ഡനപൂർവകം സ്വമത സ്ഥാപകം അതിനാണ് പരമത ഖണ്ഡനം ചെയ്യുന്നത് സ്വമതത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി അല്ല അവരെ അവരോട് ദ്വേഷം കൊണ്ടല്ല ഇവിടെയും അദ്വൈതല ജിജ്ഞാസുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷയം ചർച്ച ചെയ്ത് അവർക്ക് സ്വമതം വ്യക്തമാവണമെങ്കിൽ പരമതത്തിൽ എന്തൊക്കെ പോരായ്മയുണ്ട് അത് വ്യക്തമാകുന്നു അതിനുവേണ്ടി കണ്ണൂർത്തെ ജിജ്ഞാസെന്ന് പറയുന്നത് എല്ലാ ശാസ്ത്രങ്ങളിലും നല്ല പരിചയമുള്ള ഒരാളാണ് വ്യാകരണവും തർക്കവും മീമാംസയും എല്ലാം ശരിക്കും ഗ്രഹിച്ച ഒരാളാണ് ഓരോ വിഷയത്തെ സംബന്ധിച്ച് ഓരോ ശാസ്ത്രങ്ങളിലും ഓരോ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു അപ്പോ അദ്വൈതി സ്വയം പ്രകാശം എന്നൊക്കെ പറഞ്ഞാൽ ഇയാളുടെ മനസ്സിൽ പലതും നടന്നു വരും ഓരോ ശാസ്ത്രങ്ങളും വരും അപ്പൊ അതിനെയെല്ലാം വ്യക്തമാക്കി നിരാകരിച്ച അതല്ല ഇവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും അറിയാത്തോരത്തിനോട് പറയണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ മതി അവനെ ഒരു പ്രകാശം തോന്നും അവൻ എഴുന്നേറ്റ് പോവുകയും ചെയ്യും ഇവിടെ അങ്ങനെ പ്രകാശിക്കില്ല കാരണം ഇവിടെ കേൾക്കാനിരിക്കുന്നവൻ നല്ല വിവരമുള്ളവനാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരി സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ പോലെ എല്ലാവർക്കും പ്രകാശിക്കില്ലേതിനാ ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് പ്രകാശിപ്പിക്കുന്ന ചിലപ്പോൾ തോന്നുന്നു നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്നത് വിവരമുള്ളവനോട് പറയുന്നതാണോ എളുപ്പം പ്രകാശിക്കത്തില്ല വിടെ ഈ ശ്ലോകത്തിൽ സ്വയം പ്രകാശം സ്വപ്രകാശം വന്നപ്പോൾ അത് വിശദീകരിക്കണം അതിനുവേണ്ടി ബാക്കിയെല്ലാം ഗ്രന്ഥകാരന്റെ തന്നെ സൃഷ്ടിയാണ് ആശയത്തിൽ വിശദീകരിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുക അതിനൊരു സമ്മാനം പറയുക അതിൽ പോരായ്മ കണ്ടെത്തുക വീണ്ടും ഒരു സമ്മാനം പറയും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവന് വിശദമാകും ൊടങ്ങാമെന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തായാലും സ്വപ്രകാശം എന്ന് പറഞ്ഞല്ലോ എന്നാൽ നമുക്കൊരു കൈ നോക്കാം കോയം സ്വപ്രകാശ ശബ്ദാർത്ഥ സ്വപ്രകാശ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് ഗോ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്താ എന്തു പറയൂ ാദികളൊക്കെ ഉള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് കാരണം ശബ്ദാർത്ഥം എന്ന് പറയുന്ന വസ്തുവാണ് ആ വസ്തുവിനെ പരിചയപ്പെടുത്തണമെങ്കിൽ അറിയാമെന്നുള്ള ചോദിക്കൂ അയ്യോ വസ്തുവിനെ പരിചയപ്പെടുത്തണമെങ്കിൽ എന്ത് പറയേണ്ടി വരും ആടയും കൊമ്പും ലക്ഷണങ്ങളും പറയേണ്ടി ഇവിടെയും പോയും സ്വപ്രകാശ ശബ്ദാർത്ഥം എന്താ ചോദ്യം അതിന്റെ ലക്ഷണം എന്താണോ കിം ലക്ഷണകത്തിന്റെ അർത്ഥം സുപ്രകാശ കിം ലക്ഷണക എന്ത് ലക്ഷണമുള്ളതാണ് സുപ്രകാശ എന്നാണ് അപ്പൊ എന്നെ മറുപടി എന്ത് പറയേണ്ടി വരും ലക്ഷണം പറയേണ്ടി വരും ചോദ്യം കോയം സുപ്രകാശ ശബ്ദാർത്ഥ എന്ന് പറഞ്ഞ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് സ്വപ്രകാശം കിം സ്വപ്രകാശത്തിന്റെ ലക്ഷണം എന്താണ് അതാണ് ഇവിടുത്തെ ചോദ്യം അത് ലക്ഷണം എന്നുള്ള പദം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല അതിന് വരും എന്ന് പറഞ്ഞു പോയ ശബ്ദാർത്ഥ എന്താണ് സ്വപ്രകാശ ശബ്ദത്തിന്റെ അർത്ഥം അപ്പോ ഇനിയിപ്പോ ഇങ്ങനെ മറുപടി വരേണ്ട ആര് സിദ്ധാന്തി ഇവിടത്തെ സിദ്ധാന്തി ആരാണോ അദ്വൈതി ഗ്രന്ഥകാര് അപ്പൊ നേരിട്ട് സിദ്ധാന്തം പറയത്തില്ല കാരണം അതൊരു നിയമമാണ് വല്യ കാര്യങ്ങളൊന്നും നേരിട്ട് പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ സംശയം ഉണ്ടാകും അല്ലെങ്കിൽ വിപരീത ബുദ്ധിയുണ്ടാകും അതുകൊണ്ട് ക്രമേണ പറഞ്ഞു മനസ്സിലാകും ദ്യം പറയുക അതിനെക്കുറിച്ച് വിചാരം ചെയ്യുക അതിനെന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് നോക്കുക ആ അപ്പോൾ ഇതിലൊരു പോരായ്മയുണ്ട് ശരി എന്നാൽ അടുത്തൊന്നു പറയാം അങ്ങനെ ക്രമമായിട്ട് ഓരോന്നോരോന്നായി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു എന്താണ് കാരണം സ്വപ്രകാശലക്ഷണം കുറച്ച് സൂക്ഷ്മമാണ് അവിടെ എത്തിക്കണം അരുന്ധനീ നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുന്നു ആന്തി സ്ഥൂലമായ നക്ഷത്രങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കുന്നു എന്ത് പറയുന്നു അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് ഇടത്ത് വലത്ത് മാറി പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇവിടെ എത്തിക്കുന്നു അതിസൂക്ഷ്മമായ കണ്ണ് വ്യൂസായവർക്ക് കാണാൻ പറ്റത്തില്ല നല്ല കാഴ്ചകളുള്ളവർക്കെ കാണാൻ പറ്റൂ അങ്ങനെയുള്ള നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുന്നു അതാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്ന രീതി അതുകൊണ്ട് എന്താണ് സുപ്രകാശത്തിന് ലക്ഷണം എന്നുള്ളതിന് ആദ്യത്തെ സമാധാനം പറയുന്നു സ്വശ് അസോ പ്രകാശ ഇതാരാ പറയുന്നു സിദ്ധാന്തി തന്നെയാണ് പറയുന്നത് പക്ഷെ സിദ്ധാന്തിയല്ല എന്തുകൊണ്ട് ആ എന്നുവെച്ചാൽ അതിന് മുമ്പ് കിംന്ന് വെച്ചാൽ ഇതാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന സ്വപ്രകാശ ലക്ഷണം ഇതാണോ കിംസ്കാശ ഇതാണോ സ്വപ്രകാശത്തിന്റെ ലക്ഷണം എന്നാണ് അതായത് സ്വപ്രകാശ എന്ന് പറയുന്നിടത്ത് രണ്ട് പദ സമാസം ചെയ്തിരിക്കയാണ് ഏതൊക്കെയാണ് സ്വശബ്ദവും പ്രകാശം എന്റെ അവിടെ എന്ത് സമാസംന്ന് നോക്കിയാ അത് എന്ത് സമാസമാണോ കർമ്മധാര പ്രകാശം എന്നാണ് സ്വം തന്നെ പറഞ്ഞാൽ പറഞ്ഞു നേരത്തെ എന്താണോ വസ്തുവിന്റെ സ്വരൂപം അപ്പൊ ആ വസ്തുവിന്റെ സ്വരൂപം തന്നെ പ്രകാശം എന്ന് പറയുന്നത് അപ്പൊ ിതാത്മാവിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സ്വരൂപം തന്നെ സ്വരൂപം തന്നെ ലക്ഷണമായില്ലേ ദോഷം വല്ല ഉണ്ടോ എന്തെങ്കിലും ദോഷം ഉണ്ടോ പറഞ്ഞാര് കൂറോക്ഷിയാണോ പറഞ്ഞത് സ്വപ്രകാശം എന്ന് പറഞ്ഞാരോ സ്വപ്രകാശ ചിതാത്മനെ സിദ്ധാന്തി തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് പ്രകാശം എന്ന് മാത്രമാണോ പറഞ്ഞത് സ്വപ്രകാശം സ്വരൂപം തന്നെ പ്രകാശം അപ്പൊ ആ വാക്കിൽ നിന്ന് തന്നെ സംഗതി വ്യക്തമാണോ സ്വപ്രകാശം അതുകൊണ്ടാണ് ചോദിക്കുന്നത് ജീതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വശാസോ നീലം ചത്പലം ചെ നീല ഉത്പലമെന്ന് പറഞ്ഞാൽ എത്ര വസ്തുക്കളുണ്ട് ഒന്നേ ഉള്ളൂ കർമ്മധാര സമാസത്തിൽ അഭേദമായി പറയു അതുപോലെ ഇവിടെ സ്വന്തന്ന പ്രകാശം എന്ന് പറഞ്ഞാൽ സിതാത്മാവ് തന്നെയാണ് പ്രകാശം ദോഷമൊന്നും ഇങ്ങനെ ഉണ്ടോ ഏ ദോഷമൊന്നുമില്ല ിതാത്മാവ് പ്രകാശസ് അതില് സ്വമെന്ന് പറഞ്ഞത് നല്ല കാര്യം സ്വന്തം പ്രകാശം എന്ന് പറഞ്ഞാൽ പിന്നെ അന്യന്റെ പ്രകാശമാണോ എന്ന് ചോദിക്കാൻ പറ്റൂ അതെന്ത് സംശയമാണോ അങ്ങനെ ഒരു സംശയം ചോദിക്കുന്ന ഇനി അവിടെ സ്വച്ഛാസു പ്രകാശിച്ച രണ്ട് പദം എന്തിനു പറഞ്ഞു അത് നോക്കണം ഇപ്പൊ സ്വം എന്ന് മാത്രം പറയണെന്തുവരും സ്വം എന്ന് മാത്രം പറയണു പ്രകാശം പറഞ്ഞല്ലേ എന്തുവരും സ്വമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വമില്ലാത്ത ഏതാണ് ഇതിന് സ്വമല്ലേ അപ്പൊ എല്ലായിടത്തും പോകും ഘടാദികളിലെല്ലാം അതിവ്യാപ്തി ഉണ്ടാവും സ്വമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമെല്ലായിടത്തും ഉണ്ട് ഏതൊരു പദാർത്ഥം എടുത്താലും അതിനൊരു സ്വരൂപമുണ്ട് അപ്പൊ അവിടെ എന്ന് പറഞ്ഞു പ്രകാശം എന്നുകൂടെ ചേർത്തു അല്ലേ അപ്പൊ സ്വമുണ്ടായിരിക്കുക സ്വയം പ്രകാശിക്കുക വേറെ ഏതെങ്കിലും ഉണ്ടോ അപ്പോ ഘടാദികളിലുള്ള അതിവ്യാപ്തി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തു പറഞ്ഞത് പ്രകാശം പറഞ്ഞത് മനസ്സിലായ പിന്നെ പ്രകാശം എന്ന് മാത്രം പറഞ്ഞപ്പോ പ്രകാശം ചിതാത്മാവിനേ ഉള്ളു പ്രകാശം വേറെ ഇടതും പ്രകാശം പറഞ്ഞു കഴിഞ്ഞാൽ ഘടാദികളിൽ പോകും പ്രകാശം എന്ന് പറഞ്ഞാൽ ഘടാദികളിൽ പോകത്തില്ല ചിതാത്മാവ് ഒന്നിലും പോകത്തില്ല പ്രകാശം എന്ന് പറഞ്ഞാ പോരേ പ്രദേശം പറഞ്ഞെന്തിനാ ഈ പ്രസിദ്ധാന്തി പറയുന്നു പ്രകാശം എന്ന് വെച്ച ആത്മാവിന്റെ പ്രകാശം അത് തന്നെ അത് വേണ്ടെന്നാ പറയുന്നത് പ്രകാശം ചിദ്ധാത്മാരും അതായത് അത് വിശദീകരിക്കുകയാണ് ഇപ്പൊ പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാന്തിയെ സംബന്ധിച്ച് ശരി ചിതാത്മാവാണ് അപ്പൊ സിദ്ധാന്തി മാത്രമല്ല വേറെയും പലരും ചോദ്യം ചോദിക്കുന്നു മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ പ്രകാശം എന്ന് പറഞ്ഞു അതും പ്രകാശമാണ് അ പ്രകാശമല്ലേ പ്രകാശം അവിടെ പോകാം ഇനി അത് മാത്രമല്ല വൃത്തിജ്ഞാനം വൃത്തിജ്ഞാനം എന്ന് പറയുന്നതും കാശമാണ് പക്ഷെ അത് സ്വയം പ്രകാശമല്ലെന്തുകൊണ്ടും സ്വയം പ്രകാശമല്ല ഇതുകൊണ്ടാണ് ാണ് അതായത് ഇവിടെ സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ അത് പ്രകാശിക്കുന്നതായിരിക്കണം അവനെ മറ്റൊന്നും പ്രകാശിപ്പിക്കാൻ പാടില്ല അത് വേണം മറ്റൊന്നും പ്രകാശിപ്പിക്കാൻ പാടില്ല എന്നാലേ സ്വയം പ്രകാശം എന്ന് പറയാൻ പറ്റും എന്തൊക്കെ കൃത്യരൂപത്തിലുള്ള നമ്മൾ സാധാരണ പറയുന്ന അറിവ് ഘടജ്ഞാനം പടജ്ഞാനം എന്നൊക്കെ പറയുന്ന ഈ അറിവ് അത് സ്വയം പ്രകാശിക്കുന്ന വൃത്തിജ്ഞാനം അദ്വൈതത്തിൽ വൃത്തിജ്ഞാനമെല്ലാം സാക്ഷിഭാസ്യമാണ് മറ്റെന്തോ ഒന്നിന്റെ മുമ്പിൽ അത് പ്രകാശിക്കുകയാണ് അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് എന്റെ അറിവിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ട് എനിക്കിന്ന അറിവുണ്ടായി അപ്പം ആർക്കാണുണ്ടായത് അപ്പോൾ അതിന്റെ പിന്നിലൊരു സാക്ഷിയുണ്ട് ആ സാക്ഷി എന്ത് എല്ലാ അറിവുകളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മള് സാറിന് പറയേ നമ്മുടെ ചിന്ത വിചാരം വികാരങ്ങളെല്ലാം അറിയുന്ന ഒരാളുണ്ട് അയാൾ എന്താ സാറിന് പറയുന്നത് മനസാക്ഷി അത് ഉള്ളവർക്കത് പറയാൻ പറ്റും മനസാക്ഷി അപ്പോൾ ഒരു സാക്ഷി ഉണ്ടോ അവിടെ അപ്പോ ഒന്ന് വേദ്യമായി കഴിഞ്ഞാൽ അതെന്തല്ല സ്വയം പ്രകാശമുണ്ട് എന്തായാലും ശരി വേദ്യമായ സ്വയം പ്രകാശം അപ്പോ പ്രകാശം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരുന്നു ദീപത്തിൽ പോകാം വൃത്തിജ്ഞാനത്തിൽ പോകാം പലയിടത്തും പോകാം അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു പക്ഷെ അത് പ്രകാശമാണ് പക്ഷെ സ്വയം പ്രകാശമുണ്ട വേദ്യമാണ് എന്ന് പറഞ്ഞാൽ ദീപത്തെയാണ് എടുക്കുകയാണെങ്കിൽ അത് ദീപപ്രകാശം സ്വയം പ്രകാശമല്ല ചക്ഷുന്ദ്രിയ വേദ്യമാണ് ചക്ഷേന്ദ്രിയ കൊണ്ടല്ല എന്നറിയുന്നു അതിൻ്റെ പിന്നിൽ മനസ്സുണ്ട് അതിൻ്റെ പിന്നിൽ അതും വേദ്യമായി മനസ്സിലായോ ജടപ്രകാശം എന്ന് പറയുന്നത് സ്വയം പ്രകാശമല്ല എന്തുകൊണ്ട് വേദ്യം അറിവിനു വിഷയമായതുകൊണ്ട് പ്രകാശമെന്നുള്ള എന്താണോ മുണ്ടക്കരണപ്പെടുത്തി രൂപത്തിലുള്ള ജ്ഞാനത്തെ എടുത്തുകഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അതും എന്തല്ല സ്വയം പ്രകാശം എന്താ അതും സ്വയംപ്രകാശ അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്തു അതിനെ കൊഴുവണി എന്ന് പറഞ്ഞു സ്വയം പ്രകാശം എന്ന് വെച്ചാൽ വേദ്യം ആയിരിക്കാൻ പാടില്ല അപ്പൊ ഇവിടെ സ്വയംപ്രകാശത്തിന്റെ ലക്ഷണം പറയുമ്പോ ലക്ഷ്യം എന്താണ് ചിതാത്മാ അതെന്തല്ല ലക്ഷ്യം ജഡപ്രകാശമല്ല പിന്നെന്തല്ലോ വൃത്തിജ്ഞാനമല്ല വൃത്തിരൂപത്തിലുള്ള ജ്ഞാനം അന്ധക്കരണ വൃത്തിരൂപത്തിലുള്ള ജ്ഞാനം അതുമല്ല അപ്പോ സ്വയംപ്രകാശത്തിന്റെ ലക്ഷണം പറയുമ്പോ ജഡപ്രകാശത്തിൽ പോയാൽ എന്താ ദോഷം അതിവ്യാപ്തി അതറിഞ്ഞിരിക്കുന്നു അതിവ്യാപ്തി എന്ന് പറഞ്ഞാൽ എന്താ അതിവ്യാപ്തിയുടെ ലക്ഷണം എന്താ അതിനെങ്ങനെ പറയും എങ്ങനെ പറയും ലക്ഷ്യ ലക്ഷ്യപ്പെടുത്തിയ സരി ലക്ഷ്യപ്പെടുത്തി സ്വയം പ്രകാശം എന്ന് പറയുന്നത് യോജിക്കുന്നുണ്ട് ചിതാത്മാവിന് സ്വയം പ്രകാശിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ എന്ത് ലക്ഷണം പറഞ്ഞിട്ട് കേവലം പ്രകാശം എന്ന് പറഞ്ഞപ്പോ അവിടെ പോയി അലക്ഷ്യമായ വൃത്തിജ്ഞാനത്തിലും പോയി ദീപത്തിലും പോയി അതിവ്യാപ്തി ഉണ്ടായി പ്രകാശം എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ വേണ്ടി സ്വം കൂടെ ചേർത്തു സ്വം പ്രകാശം ആയി സ്വം പ്രകാശം എന്ന് പറയുമ്പം ഇവിടെ ചിതാത്മാവിൽ തന്നെ നിൽക്കണം പക്ഷെ സ്വമെന്ന് മാത്രം പറഞ്ഞാലോ എല്ലാ വസ്തുക്കളും ഇനി സ്വത്വം സ്വപ്രകാശം പറഞ്ഞു സ്വത്വും പ്രകാശവും ദീപപ്രകാശത്തിന് നോക്കുക ദീപപ്രകാശത്തിൽ സ്വത്തുമുണ്ടോ പ്രകാശമുണ്ടോ അപ്പൊ സ്വംപ്രകാശം എന്ന് പറഞ്ഞാലും എന്താ ദോഷം എവിടെ ദീപപ്രകാശം നിവൃത്തിജ്ഞാനത്തിന് നോക്കുക അവിടെ സ്വത്വം ഉണ്ടോ പ്രകാശത്വം ഉണ്ടോ സ്വപ്രകാശം എന്ന് പറഞ്ഞാലും അതിവ്യാപ്തി എന്തുകൊണ്ട് അതിലതിവ്യാപ്തി വരുന്നു സ്വത്വവും പ്രകാശത്വവും ചേർത്തുകഴിഞ്ഞാലും ദീപാധികളിലും വൃത്തിജ്ഞാനത്തിലും ഒക്കെ എന്തുകൊണ്ട് അതിവ്യാപ്തി വരുന്നു അതുകൊണ്ടെന്താ എന്തുകൊണ്ട് അതിവ്യാപ്തി വരുന്നു അതിന് കൂടെ ലക്ഷ്യമാക്കിക്കോളൂ എന്താ കുഴപ്പം ഉം ചിതാത്മാന്ന് പറഞ്ഞല്ലോ ലക്ഷണം പോകുന്നു എന്നുള്ളതാണ് ലക്ഷണം പോകുന്നു അതിൽ ലക്ഷ്യമാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ചിതാത്മാവാനെന്ന് പറഞ്ഞൊരു കാര്യം വന്നു ഇതുവരെന്താ കേട്ടുകൊണ്ടിരുന്നത് ചിതാത്മാവല്ലാന്ന് പറയുന്ന സമാധാനം ഏ അതല്ലോ ചോദിച്ചത് ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം അവിടെ ലക്ഷണം സമന്വയിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം സ്വയം പ്രകാശം സ്വയവുമാണ് ഏവാ എന്നൂടെ പറഞ്ഞില്ലല്ലോ ഏവാ എന്ന ലക്ഷണത്തിൽ പറഞ്ഞ സ്വയം പ്രകാശം പറഞ്ഞോളൂ അത് എവിടെ പോകുന്നു വൃത്തിജ്ഞാനത്തിനും ജടപ്രകാശനും പോകുന്നു അതിവ്യാപ്തി എന്നു പറഞ്ഞത് അത് പോയിക്കോട്ടെ അതിനെന്താ ഇതുകൊണ്ടാ എന്തുകൊണ്ടാ അതിവ്യാപ്തി സമാനാധികം ഞാൻ പറഞ്ഞില്ല ഏ അതാ പ്രശ്നം ഉത്തരം അതാണ് അതായത് അത് വേദ്യമാണോന്നുവെച്ചാ അവേദ്യമായിരിക്കണം വേദ്യമാകാൻ പാടില്ല ഏത് അത് ആദ്യം പറഞ്ഞിട്ടാ തുടങ്ങിയത് വേദ്യമായിരിക്കുന്ന ഒന്നിലെ ഈ ലക്ഷണം പോയി കഴിഞ്ഞാൽ അത് വ്യാപ്തിയാണ് എന്നുവെച്ചാ വേദ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സ്വയംപ്രകാശം അല്ല അല്ലാതെ ലക്ഷണം പോകുന്നതുകൊണ്ട് ദോഷമൊന്നും ലക്ഷണം പോയി കഴിഞ്ഞാൽ പറയും ആ അത് സ്വയം പ്രകാശമാണെന്ന് പറഞ്ഞാൽ അത് സ്വയം പ്രകാശം അതിനെ വിളിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇത് രണ്ടും വേദ്യമാണ് എന്താണ് ചക്ഷുനിന്ദ്രിയ വേദ്യമാണ് പ്രകാശം സാക്ഷി വേദ്യമാണ് വൃത്തിഞാൻ ഇത് വിശദമായി മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അത്രയും ബുദ്ധിമാന്മാരാണെങ്കിൽ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല പറയുന്ന എനിക്കും ബുദ്ധിയില്ല കേൾക്കുന്നു നിങ്ങൾക്കും ആവശ്യത്തിന് കൂടുതൽ ബുദ്ധിയുണ്ട് അതുകൊണ്ട് എന്തായാലും വിശദീകരണം വേണം അപ്പോ എന്തുവരുന്നു ആദ്യം അറിഞ്ഞു പ്രകാശവും വൃത്തിയും വേദ്യമാണ് അതുകൊണ്ട് തന്നെ അത് സുപ്രകാശം അതിന്റെ ലക്ഷണം സമന്വയിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അതിവ്യാപ്തി ദോഷം വരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് സിദ്ധാന്തം അദ്വൈതയുടെ സിദ്ധാന്തം ആദ്യം അവരവർക്ക് ഒരു സിദ്ധാന്തം വേണ്ടേ എന്നുവെച്ചാൽ ആദ്യം പശു എന്ന് വരുന്ന ഒരു സാധനം വേണ്ടേ എന്നിട്ട് ലക്ഷണം പറയാൻ പറ്റൂ പശു കല്ലെങ്കിൽ പിന്നെ ആർക്ക് ലക്ഷണം പറയാം അല്ലേ അതുപോലെ കൊമ്പും ആടയും ഉള്ളതാണ് പശു എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടർ സമ്മതിക്കണം പറയുന്നവനും സ്വീകാര്യമാകണം കേൾക്കുന്നവനും സ്വീകാര്യമാണ് അപ്പൊ അങ്ങനെ ഒന്ന് വേണം വെച്ചുകൊണ്ടാണ് ലക്ഷണം പറയുന്നത് അപ്പൊ അദ്വൈതിക്ക് അദ്വൈതി വരുകയാണ് ആത്മാവ് സ്വപ്രകാശമാണ് സ്വപ്രകാശമായതുകൊണ്ട് അത് വേദ്യം അല്ല എന്നാ പ്രകാശങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് സ്വമുണ്ട് സ്വം പ്രകാശം ചേരുന്നുണ്ട് അങ്ങനെ പലതും ഉണ്ട് പക്ഷെ അതിനൊക്കെ എന്താ കൊഴപ്പം വേദ്യമാണ് അപ്പൊ ലക്ഷണം പോയി കഴിഞ്ഞാൽ വേദ്യമായതുകൊണ്ട് അത് ലക്ഷ്യമല്ല എന്നാ മനസ്സിലാക്കും ദിപാദികൾ വേദ്യമായതുകൊണ്ട് ലക്ഷ്യമല്ല അതുകൊണ്ടതാ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ പോയി കഴിഞ്ഞാൽ അതിവ്യാപ്തി ഇതൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് വിശദീകരിക്കാം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൂടുതൽ കൂടുതൽ വിശദീകരിക്കാം മനസ്സിലാക്കാതെ മനസ്സിലായി എന്ന് തോന്നി കഴിഞ്ഞാ പിന്നെ വിശദീകരിച്ചിട്ടു കാര്യവും സ്വപ്രകാശ ശബ്ദത്തെ വിഗ്രഹിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരർത്ഥം കിട്ടിയത് അല്ല സ്വപ്രകാശ ശബ്ദത്തിന്റെ കുഴപ്പമല്ല മനസിലായോ സ്വപ്രകാശ ശബ്ദത്തെ കർമ്മധാര സമാസം എടുത്തിട്ട് ഇങ്ങനെ ഒരർത്ഥം പറഞ്ഞപ്പോഴാണ് ദോഷം വന്നത് അതിവ്യാപ്തി ദോഷം അപ്പൊ ഇത് ശരിയല്ല എന്ന് പറയുന്നത് അടുത്ത പേജിലാണ് അവസാനത്തെ ലൈനങ്ങളുടെ പുസ്തകം എല്ലാവരുടെ ഇരിക്കുന്നു ഒരു പുസ്തകമാണ് കണ്ട ആദ്യ ലാസ്റ്റ് ലൈൻ ടി വിയിലല്ല താഴോട്ടൊന്നും നോക്കരുത് എന്റെ താഴെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്ന് എഴുതിയിട്ടുണ്ട് അങ്ങോട്ടും നോക്കരുത് കൊണ്ട് പോകരുത് അതിന്റെ താഴെ ഹിന്ദി ഉണ്ട് അവിടെയും പോകണ്ട ഏറ്റവും ടോപ്പിൽ കുറച്ച് മോട്ട എഴുതിയിട്ടുണ്ട് തടിച്ച അക്ഷരത്തിൽ അതിലവസാനത്ത വരി നമ്മൾ അവിടെ അതാണ് നോക്കി പോകുന്നത് ഈ പുസ്തകം കൂടെ നോക്കണം അപ്പൊ ഇത് പുസ്തകം നോക്കി മനസ്സിലാക്കണോ ഈ പ്രസവം നോക്കാന്നുള്ള നിർബന്ധമാണ് ബ്രഹ്മസൂത്രകളാസ്യുമ്പോ ബ്ലിങ്കസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞി നടക്കത്തില്ല അത് നോക്കണം എന്താ അവിടെ എഴുതിയിരിക്കുന്നു എന്തെങ്കിലും പിടിയിട്ടണോ അല്ലെങ്കി ഓരോ പരമായിട്ടൊന്നും ഒരു ബന്ധമില്ലാ കൊറച്ച് കഴിയുമ്പോ മലമ്പനി പിടികൂടും മലമ്പനി എന്ന് പറഞ്ഞ എന്താ തുള്ളൽ വരും തുള്ളൽ പിന്നെ എന്നെ കുറ്റം പറയാറ്കാശത്വ അഭ്യഗുമാ പറയുന്ന കാര്യമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേയുള്ളു സ്വച്ഛാ സുപ്രകാശ സുപ്രകാശം എന്ന് പറഞ്ഞാൽ വേദ്യജ്ഞാനം എന്ന് വെച്ചാനം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേദ്യാനം അതിനും ലക്ഷണം പോകും ഈ പറഞ്ഞ അനുസരിച്ച് വേദ്യസ്യ സ്വപ്രകാശത്വ അഭ്യുപുമാ നിങ്ങളീ പറയുന്നതനുസരിച്ച് വേദ്യജ്ഞാനത്തെയും സ്വപ്രകാശമായി സ്വീകരിച്ചു കഴിഞ്ഞു എങ്ങനെ അതിനോണ്ട് സ്വത്വമുണ്ട് പ്രകാശത്വമുണ്ട് അങ്ങനെ സ്വീകരിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ വേദ്യം ഞാൻ അല്ല പക്ഷെ ഇപ്പൊ നിങ്ങൾ സ്വച്ഛാസോ പ്രകാശ് ഇതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ സ്വയം എന്ത് ചെയ്തു ഇവിടെ ഒരു കുറവക്ഷി നോക്കുക അപ്പൊ ഈ ആദ്യം ഈ പറഞ്ഞ സിദ്ധാന്തിയാണെന്ന് നോക്കുക ആ സിദ്ധാന്തിയോട് ഒരു പൂർവക്ഷിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ ഈ പറയുന്നതുകൊണ്ട് എന്താ ചെയ്തത് വേദ്യമായ ജ്ഞാനത്തിനെയും നിങ്ങൾ സ്വപ്രകാശമായി സ്വീകരിച്ചു കഴിഞ്ഞു എന്തുകൊണ്ട് സ്വച്ഛ സ്വപ്രകാശ എന്ന് പറയുമ്പോൾ വേദ്യജ്ഞാനത്തിൽ അതുണ്ട് അത് വാസ്തവത്തിൽ സ്വപ്രകാശമാണോ ആണോ അതുകൊണ്ടാണ് അഭ്യപഗമം എന്ന് പറഞ്ഞത് അഭ്യപമം എന്ന് പറഞ്ഞാൽ എന്താണോ താത്കാലികമായി സ്വീകരിച്ചു നിങ്ങൾ പറഞ്ഞു പറഞ്ഞെന്ത് ചെയ്തു വൃത്തിജ്ഞാനത്തെയും പറഞ്ഞു താൽക്കാലികമായി സ്വപ്രകാശം ഒന്ന് അംഗീകരിച്ചു അങ്ങനെ അംഗീകരിച്ചാൽ എന്താ കുഴപ്പം തന്നെ സിദ്ധാന്തത്തിന് വിരോധമാണ് ഈ പറയുന്നു ഏതാണോ സ്വപ്രകാശം അല്ലാത്തത് അതിൽ സ്വപ്രകാശത്തിന്റെ ലക്ഷണം പോയി കഴിഞ്ഞു താത്കാലികമായി അതിനേ സുപ്രകാശമായി സ്വീകരിച്ചു പക്ഷെ അത് വേദ്യമാണ് അദ്വൈദ്യം അത് സ്വീകരിക്കുമോ ഇല്ല കുറവ് പറയണേ നിങ്ങളത് സ്വീകരിച്ചത് പോലെയായി അപ്പൊ നിങ്ങൾക്കിപ്പോൾ സ്വപ്രകാശം രണ്ടായി ഒന്ന് ചിതാത്മാവ് മറ്റൊന്ന് വൃത്തിജ്ഞാനം ഇത് നിങ്ങളുടെ സിദ്ധാന്തത്തിന് വിരുദ്ധമാണ് പറയുന്നത് അതുകൊണ്ടാണ് അതിന് അഭ്യുപഗമ സിദ്ധാന്തം എന്ന് പറയുന്നത് താത്കാലികമായി അങ്ങനെ ചെറിയടത്ത് മുഖ്യമായ സിദ്ധാന്തത്തിന് അഭ്യുമത്യഭ്യുമുഖമാ എന്നാണ് സിദ്ധാന്തം അങ്ങനെ പറഞ്ഞു പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് എന്താണോ നിങ്ങളുടെ പ്രത്യജ്ഞാനം സ്വപ്രകാശമല്ല അതിന് സ്വപ്രകാശമായി സ്വീകരിച്ചു ഇവിടെ ഇങ്ങനെ പൂർവ്വപക്ഷി വന്ന് സിദ്ധാന്തി പറഞ്ഞ ലക്ഷണത്തെ ഖണ്ണിക്കുമ്പോ െന്ന് പറയുന്നു വൃത്തിജ്ഞാനും സ്വപ്രകാശം അല്ല എന്നെങ്ങനെയാ പറഞ്ഞത് വേദ്യമെന്ന് അവിടെ പറഞ്ഞത് കൊണ്ട് വേദ്യം എന്ന് ആദ്യം പറഞ്ഞപ്പോ തന്നെ എന്തായി സ്വപ്രകാശം അല്ല അപ്പോ സിദ്ധാന്തിയെ ഖണ്ഡിക്കാൻ വേണ്ടി പൂർവ്വപക്ഷി ആ വേദ്യ ശബ്ദം ഉപയോഗിച്ചത് ബോധപൂർവം എന്താണ് വൃത്തിജ്ഞാനം വേദ്യമാണ് അതുകൊണ്ട് സുപ്രകാശം അല്ല പക്ഷെ നിങ്ങൾ പറഞ്ഞത് അബദ്ധമാണ് സ്വച്ഛ സുപ്രകാശിച്ച ലക്ഷണം പറഞ്ഞപ്പോ എന്ത് ചെയ്തു വേദ്യജ്ഞാനത്തെയും നിങ്ങൾ സുപ്രകാശമാക്കി സുപ്രകാശം അല്ലാത്തതിനെ സുപ്രകാശമാക്കി എന്നാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിവ്യാപ്തി ദോഷമൊന്നും ആണ് അത് പറയുന്നില്ല ആ ലക്ഷ്യത്തിൽ ലക്ഷണം പോയെന്നല്ല പറയുന്നത് പിന്നെയോ അതായതിപ്പോ ശാസനാധിമത്വം ഗോവിന്റെ ലക്ഷണം പറഞ്ഞു അപ്പോ പറയണെന്താണ് നിങ്ങൾ ശാസനാധിമത്വം എന്ന് ലക്ഷണം പറഞ്ഞു കഴിഞ്ഞപ്പോ ോന്തിനേയും ഗോവാക്കി എന്ന് പറയുന്നു നിങ്ങൾ ഓന്തിന് ഗോവായി സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് എന്റെ അർത്ഥം എന്ന് പറഞ്ഞ എന്താ എന്റെ അർത്ഥം അതിവ്യാപ്തി ഉണ്ടായി ഓന്ത് പശുവല്ല പക്ഷെ നിങ്ങള് പറഞ്ഞെന്താക്കി ഓന്തിനെ പശുവാക്കി എന്ന് പറയുമ്പോലെയാണ് ഫലത്തില് അതെന്താണ് അവിടെ അതിവ്യാപ്തി ദോഷമാണ് പറയുന്നത് അതും വ്യക്തമായും ധരിക്കണം അല്ലോധ്യം പറയുന്ന അത് ഏതെങ്കിലും ഒരു സിദ്ധാന്തിക്ക് യോജിക്കുന്ന ഏതെങ്കിലും ഒരു സിദ്ധാന്തം പറയുക അപ്പോഴാണ് ഒരു ഭാഗം പറയുക അല്ലെങ്കിൽ പദ്വൈദികളിൽ തന്നെ പല പ്രക്രിയകൾ സ്വീകരിക്കുന്നവരുണ്ട് ഏഹ് അദ്വൈതത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഉദാഹരണം പറയുന്നത് അദ്വൈദികൾ പറയുന്നു സെഡ് പറയുന്നു അജ്ഞാനം ഭാവമാണ് വേർ കൂട്ടർ പറയുന്നില്ല ജ്ഞാനാഭാവമാണ് അങ്ങനെ ഒരു അദ്വൈതിയിൽ തന്നെ ഒരാൾ പറയുകയാണെങ്കിൽ പറയും അത് സയോദ്ധ്യരാണ് സ്വന്തം പക്ഷത്തിലുള്ളവർ എന്ന് പറയുന്നു ഒരു അദ്വൈതമാണ് സിദ്ധാന്തം ഇതിപ്പോ അങ്ങനെയല്ല അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അദ്വൈതികളിൽ ആരും പറയത്തില്ല വേദ്യമായ ഞാനും സുപ്രകാശമാണ് എന്നാരും പറയത്തില്ല സ്വപക്ഷമല്ല മറിച്ച് ഇങ്ങനൊരു ലക്ഷണത്തെ അദ്വൈതി അതിനെ നിഷേധിക്കുന്ന ഒരാൾ പറയുന്നു അത് ശരിയാകത്തില്ല ശരിക്കും അദ്വൈത സിദ്ധാന്തത്തെ ഖണ്ഡിക്കുകയാണ് പറഞ്ഞ ശരിയല്ല എന്ന് പറഞ്ഞാൽ അദ്വൈനിപ്പ പറഞ്ഞ ലക്ഷണം അതിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയില്ല പറയുന്നു വൃത്തിജ്ഞാനത്തിൽ അധിവ്യാപ്തി ഉണ്ടാവാൻ കാരണം വൃത്തിജ്ഞാനത്തിലും സ്ത്വമുണ്ട് പ്രകാശത്വമുണ്ട് അതാണ് ഓർക്കുന്നത് എന്താണ് വൃത്തിജ്ഞാനത്തിലും എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞ് സ്വത്വവും പ്രകാശത്വം ഉണ്ട് അതെവിടേക്കുണ്ടോ അവിടേക്ക് പോകും പിന്നെ നമ്മൾ നേരത്തെ അവരുടെ അടുത്ത അധിവ്യാപ്തിയുടെ കാര്യം പറഞ്ഞു എന്താണോ ഇപ്പം അതിനു കൊണ്ടാണ് കൂടെ പറയുന്നില്ല ഇവിടെ ഇപ്പം ഇത്രയും പറയുന്നു അത് വേണമെങ്കിൽ ഒഴിവാക്കാം വേണമെങ്കിൽ എങ്ങനെ ഒഴിവാക്കും ആ ഞങ്ങളുടെ പ്രകാശം എന്ന് പറഞ്ഞത് കൊണ്ട് ജഡപപ്രകാശത്തെയല്ല ഉദ്ദേശിച്ചു ചൈതന്യപ്രകാശത്തെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ അത് പറയാം അതുകൊണ്ടാണ് അതിലൂടെ പ്രാധാന്യം കൊടുക്കാത്തത് അതിനധിവ്യാപ്തി ഉണ്ടെന്ന് പറയാത്ത വേണ്ടി ഒന്ന് പറയാം ഉം ഏത് ഇവിടെ പറഞ്ഞിട്ട് വേദ്യസ്യാബി ഞാനസ്യാ എന്ന് പറഞ്ഞിട്ടേ വേദ്യഞ്ജാനം എന്ന് പറഞ്ഞാൽ പിന്നെന്താ വേറെ എന്താ ഞാനുള്ളത് അന്നാദന ഞാനോന്ന് പറയുമോ അവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരു കണക്ഷൻ അങ്ങോട്ടുകൂടെ കൊടുക്കണമെന്ന് പുസ്തകത്തിൽ കൂടെ കണക്ട് ചെയ്ത് വയ്ക്കണം അവിടെ അതുകൂടെ നോക്കണം അല്ലാതെ മതപ്രഭാഷണം കേൾക്കുന്നതുപോലെ കേട്ടോണ്ടിരുന്ന ഇതിന്റെ കണക്ഷൻ വിട്ടു അതോടുകൂടി നോക്കണം വേദ്യസ്യ സ്വപ്രഭാശത്വ്യ ഓരോ വാക്കും ശ്രദ്ധിച്ച് അന്റെ അർത്ഥം മനസ്സിലാക്കി യോജിപ്പിച്ചാല് ഇത് മുമ്പോട്ട് പോകാൻ പറ്റൂ ശരിക്കും മനസ്സിലാക്കി പോകാൻ പറ്റും അത് പറയുന്ന ശ്രദ്ധിക്കുകയും വേണം ഓരോ അക്ഷരവും ശ്രദ്ധിച്ച് അതിനെങ്ങനെയാണെന്ന് മനസ്സിലാക്കും പതുക്കെ പോവാ ആണോ ജ്ഞാനത്തിന്റെ വിശേഷണമാണ് വേദ്യം വേദ്യജ്ഞാനം ഉം വേദ്യം എന്ന് പറഞ്ഞാൽ ഞാനും വിഷയമാണോ വേദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോ എന്താണ് പൂർവ ഗ്രന്ഥം പഠിച്ചതല്ലേ വീട് ഞാനായിരുന്നു ഏത് പറയാ വന്നത് ഇതാ വന്നു ഹലോ ഗുണം വന്നു വേദ്യം അറിയുന്നതിന് യോഗ്യമായത് അറിയുന്നതിന്റെ വിഷയം എന്നൊക്കെയുള്ള അർത്ഥം അറിവിന്റെ വിഷയമായിരിക്കുന്നത് എന്ത് വൃത്തിജ്ഞാനം പിന്നെന്താ സംശയം പിന്നെ സംശയ ഇതായിരിക്കാം ഏത് ജ്ഞാനത്തിന് വേദ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വൃത്തിജ്ഞാനം ഏത് ജ്ഞാനത്തിനാണ് വേദ്യവും സാക്ഷിക്ക് മനസിലായോ സംശയം ഉണ്ടെങ്കിൽ അത് തന്നെ പോണം ത്തിന്റെ വിഷയമാണ് വേദ്യം യോഗ്യം അർഹം ഞാനും വേദ്യവും അവിടെ പറഞ്ഞിരിക്കുന്നത് വേദ്യസി എന്തോ മതപ്രഭാഷണം നിലയിൽ കയറിയിരിക്കയാണ് ഘടം വേദ്യമാവുന്നത് പോലെ തന്നെ അത് ആദ്യം ഞാൻ ആദ്യം ഒരു മതപ്രഭാഷണം നടത്തിയിട്ടാണ് ഇത് വ്യാഖ്യാനിച്ചത് എങ്ങനെയാണോ ഘടം വേദ്യമാകുന്നത് അതുപോലെ തന്നെ ജ്ഞാനവും വേദ്യമാണ് എന്തുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വൃത്തിജ്ഞാനം എന്ന് പറയുന്നത് സാക്ഷി വേദ്യമാണ് സാക്ഷിജ്ഞാനല്ലേ ജ്ഞാന വേദ്യമാണ് ഈ വേദ്യം എന്ന് പറയുന്നത് ഘടത്തിനേയും പറയാം ജ്ഞാനത്തിനേയും പറയാം അതുകൊണ്ട് ഇവിടെ എന്താണ് വേദ്യസ്യത് സമാനാധിക സൃഷ്ടിയാണ് മനസിലായോ സമാനാധികളെന്താ ഏതാണോ ജ്ഞാനം അത് തന്നെയാണ് വേദ്യം ഘടസ്യം അവിടെ ഒരു ഷഷ്ടി ഇല്ലേ ഉള്ളൂ അവിടെ രണ്ട് ഷഷ്ടി ഇല്ലല്ലോ നമ്മൾ പറയുന്നത് ഘടസ്യ എന്ന് പറഞ്ഞ രണ്ട് ഷഷ്ടി വരും അപ്പൊ വ്യതികരണ സൃഷ്ടി ഘടംമേറെ ഘടത്തിന്റെ ജ്ഞാനം മേറെ മനസിലായോ ഖടസ് എന്ന് പറയുമ്പോൾ അതിന് വിധികരണ ഷഷ്ടിന്ന് പറയുക അത് രണ്ടും രണ്ടർത്ഥമാണ് അസു ഇവിടെ വേദ്യസ്യ വേദ്യസ്യ ഘടസ്യ എന്നൊക്കെ പറഞ്ഞ സമാനാധിക ഷഷ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഷഷ്ടിയും പറയുന്നത് ഒരർത്ഥമായിരിക്കും ഇപ്പൊ ക്ലിയറായത് ക്ലിയറാക്കി തന്നെ പോണം ഇതിനകത്ത് യാതൊരു ദാക്ഷിണ്യവും പടില്ല വന്നു കഴിഞ്ഞാൽ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ ചോദിക്കുന്നതും മറ്റുള്ളവർക്കും കെയറാവും അല്ലെങ്കിൽ ടൈം പാസും ആവും ശരി